kīmā kīmā എ തിസ്രോവ്യഹൃതയ താസാം സ്മ ഏതാം ചതുധീം മഹാച്ചമസ്യ പ്രവേദയത്തെ മഹായി തദ് സ ആത്മാ അംഗാ അനാ ദൂരി വോക്ക तदनु ക്ഷരിസോ ലോക സംഹതവിഷയ ഉപാസനമുക് ശ്രീകാമസ മന്ത്രുക്കേച്ച പാരമ്പര്യ വിദ്യുപയോഗാർത്ഥ സംഹിതാ വിഷയ ഉപാസനം തന്നത് സംഹിത ഉപാസനയെ കുറിച്ച് പറഞ്ഞു തുടർന്ന് വേണ്ടി മേധ പ്രാപിക്കുന്നതിനുള്ള ഉപാസന പറഞ്ഞു ശ്രീകാമസ്യ ഐശ്വര്യത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപാസന പറഞ്ഞു മന്ത്ര അനുക്രാന്ത അതെന്നെ ഇവിടെ നിർദ്ദേശിച്ചു ശ്രുതി ഇതെല്ലാം എന്തിനു വേണ്ടി വരുന്ന തേച്ച പാരമ്പര്യണ വിദ്യ ഉപയോഗാർത്ഥ ഏവ ഇതെല്ലാം വിദ്യയ്ക്ക് വേണ്ടി തന്നെയാണ് പാരമ്പര്യമായിട്ട് നേരിട്ടല്ല നേരിട്ട് അതിന് നിർദ്ദേശിച്ചിരിക്കുന്ന ഫലങ്ങൾ പരമ്പരയായി അത് വിദ്യാപ്രാപ്തിക്ക് ഉപകരിക്കും അനന്തരം വ്യാഹൃത്യാത്മനോ ബ്രഹ്മനോരുപാസനം സ്വരാജ്യം ഇനിഹൃത്തി രൂപത്തിലുള്ള ഉപാസനം അതിന്റെ ഫലം ഹിരണ്യഗർഭി ഹിരണ്യഗർഭ ഉപാസന എന്ന് പറയും അത് വ്യാഹർത്തി അതാണ് അടുത്ത് പറയുന്നു വ്യാഹൃതി വാസനയെ കുറിച്ച് പറയുന്നുദർശനാർത്ഥ വേദത്തിൽ മുമ്പ് എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാവ്യാഹൃതി എന്ന് പറയുന്നു പ്പെട്ടത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ഉച്ചരിച്ചത് സൃഷ്ടിക്ക് വേണ്ടി ഭൂർഭൂസ്വഹരം വേദം നിശ്വാസ രൂപത്തിൽ പ്രകടമായി എന്ന് പറയും അതിൽ ഓം അധ തുടങ്ങിയ ശബ്ദങ്ങൾ ഉള്ള പ്രാധാന്യമുള്ളതാണ് എന്നതിനറിയപ്പെടുന്നു പ്രജാപതി തന്നെ നേരിട്ട് അത് ഉച്ചരിച്ചുകൊണ്ട് കാരണം യശുമാരാണ് മന്ത്രദൃഷ്ട്രങ്ങൾ പശുമാരെ പ്രാപിക്കുന്നു എന്നാണ് അവരത് വെളിപ്പെടുത്തുന്നത് ഇത് പ്രജാപതി തന്നെ ഈ ഇതിനുച്ചരിച്ചുകൊണ്ട് അതിനെ മഹാവ്യാഹൃതികൾ ഇതിന്റെ മുഖ്യമായ പ്രയോജന പ്രയോജനം എന്താണ് ഉപാസന ഉപാസനക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ഉപാസന അതാണ് ഇനി പറയുന്നത് പലതരത്തിൽ ഇതിൻ്റെ ഉപാസനകൾ പറയുന്നുണ്ട് മന്ത്രങ്ങൾ കർമ്മത്തിൽ ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളുണ്ട് നേരിട്ട് വിഷയത്വ എന്നും മറ്റും തുടങ്ങുന്ന മന്ത്രങ്ങൾ കർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുകയാണ് ഇത്തരം മന്ത്രങ്ങൾ കർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അർത്ഥബോധത്തോടു കൂടിയുള്ള അതിൻ്റെ അധ്യയനം അതാണ് ഉപാസന അതിന്റെ ഫലത്തെക്കുറിച്ചും പറയുന്നു പക്ഷെ ഇന്ന് അത്തരത്തിൽ ഉപാസന ദൃഷ്ടിയിലൊന്നും ഈ മന്ത്രങ്ങളൊന്നും ആരും ഉപയോഗിക്കാറില്ല വൈദിക കാലത്ത് ഉപയോഗിച്ചിരുന്നു ഭൂർഭോ ഉക്ത ഉപപ്രദർശനാർത്ഥ മുമ്പ് നിർദ്ദേശിച്ചിട്ടുള്ള ആ മന്ത്രങ്ങളെ വീണ്ടുവിടെ ഉപാസനയ്ക്ക് വേണ്ടി വിശദീകരിക്കുന്നു പ്രദർശിതാനാം പരാമർശാർഥാ തിസ്രോ വ്യാഹൃദയ ഇതാണ് പ്രസിദ്ധമായ മൂന്ന് വ്യാഹൃതികൾ പരാമൃഷ്ട സ്മാര്യ വായിന മുമ്പ് പരാമർശിച്ചിട്ടുള്ളത് ഏതാ എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ സർവനാമ ശബ്ദം കൊണ്ട് അതിനെ പരാമർശിക്കുകയാണ് പ്രസിദ്ധ വ്യാഹൃതയ സ്മാര്യൻ ഈ വ്യാഹൃതി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് വേദത്തിലിത് പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ട് ആ ഇത് ഉപാസനയ്ക്ക് വേണ്ടി ഗായത്രി മന്ത്രത്തിൽ ഗർഭോത്സവം അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെയും ഹിരണ്യഗർഭോപാസനയാണ് ഗായത്രി മന്ത്രം പ്രധാനമായിട്ടത് ഹിരണ്യഗർഭോപാസനക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗായത്രി ഗായത്രി ദേവതയുടെ ഉപാസന അതെല്ലാം പിൽക്കാലത്ത് ഒന്നാണ് വൈദികമായി അത് ഉപയോഗിച്ചിരുന്നത് ഭിരണ്ഗർഭ ഉപാസനക്കെയാണ് കാരണം അവിടെ സവിതാവ് സവിതാവ് ഭിരണികർഭൻ സൂര്യമണ്ഡലസ്ഥിതനാണ് എന്ന് പറയുന്നത് സവിതാവ് എന്ന് പറയുന്നത് ഉപാധിയാണ് അതിലൂടെ അവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത് ഹിരണ്യഗർഭ ഉപാസനയാണ് കാണുന്ന സൂര്യനോട് ഭൗതികമായ സൂര്യനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അപ്പം ആ അവിടെ ഉദ്ദേശിക്കുന്ന ആദിത്യ മണ്ഡലം ആദിത്യ മണ്ഡലം ഉപാധിയോടു ആ ഹിരണ്യഗർഭനെ മന്ത്രത്തിലൂടെ ഉപാസിക്കുന്നു അവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നു അതിനോട് പറഞ്ഞത് പ്രസിദ്ധ വ്യാഹൃദേഹ പല മന്ത്രങ്ങളിലും പ്രസിദ്ധമായിരിക്കുന്നു ഈ വ്യാഹൃതികൾ എന്ന് പറയുന്നത് അതിലൂടെ വീണ്ടും ഇവിടെ മറ്റൊരു ഉപാസനക്ക് വേണ്ടിട്ട് ഇവിടെ ഇരുണ്ഗർ ഉപാസനയിലും മറ്റൊരു തരത്തിൽ ഗായത്രിലത് വേറൊരു തരത്തിലും ഇവിടെ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നു വൈദികമായിട്ട് പൗരാണികമായിട്ട് താന്ത്രികമായും മാന്ത്രികമായിട്ടുള്ള ഇതിന് വേറെ അർത്ഥം വരും അതല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു ഇത് വൈദികമായി അങ്ങനെയാണ് അതാണ് ഏതാ തിസ്രോ വ്യാഹൃദയ അത് വളരെ പ്രസിദ്ധമാണ് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നിർദ്ദേശിക്കുന്നതല്ല എന്ന് പറയുന്നത് യും ചതുർത്ഥി വ്യാകൃതരും മഹ അതിൽ തന്നെ പലപ്പോഴും മഹ എന്നുകൂടി കൂട്ടിച്ചേർത്താറുണ്ട് തസാം ഊഹ സ്മ ഏതാം ചതുർഥീം നാലാമതൊന്നുകൂടി ഉണ്ട് ഭൂർ ഭുവ അങ്ങനെ ഒന്നുകൂടിയുണ്ട് മഹൈതി താം ഏതാം ചതുർഥീം മഹാചമസ്യം മഹാചമസിഹ പ്രവേദ ഇവിടത്തെ ഋഷിചമസ്യ മഹാചമസ്യൻ ഇതുപാസിച്ചിരുന്നു മഹാചമസ്യൻ എന്നൊരു നിമിഷിയാണ് ഇതിനെ നിർദ്ദേശിച്ചിരിക്കുന്നത് സനാണ് ഇവിടെ ഋഷി ആയിരിക്കുന്നത് ഈ മന്ത്രത്തിന്റെ ഋഷി ഊഹസ്മേതാം വൃത്ത അനുകദന ഈ മഹർഷി മഹാചമസ്യൻ എന്ന് പറയുന്ന ആ മഹർഷി ഉപാസിച്ചു ഊഹസ്മ എന്ന് പറയുന്നത് അത് പ്രസിദ്ധമാണ് അങ്ങനെ വൈദിക പരമ്പരയിൽ അത് പ്രസിദ്ധമാണ് അല്ലെങ്കിൽ വേദത്തിൽ അത് പ്രസിദ്ധമാണ് പൂർവകൽപ്പങ്ങളിൽ എന്ന അനാദിയായിരിക്കുന്ന വേദം എങ്ങനെ പറയും വൃദ്ധ അന്ന് സംഭവിച്ച കാര്യം പറയുന്നു എപ്പോൾ സംഭവിച്ചു പൂർവപൂർവ്വ കൽപ്പങ്ങൾ സംഭവിച്ചു അവിടെയെല്ലാം ഇത് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വേദം വേകമായിരിക്കുന്നു ആദിയിലുണ്ടായി അതിന് ശേഷമാണ് മറ്റേ സൃഷ്ടികളെല്ലാം ഇപ്പം വിടുത്ത അനുകഥനം മുമ്പ് നടന്നതിന് വീണ്ടും പറയുന്നു എന്നങ്ങനെ പറയാൻ പറ്റും ആദിയിൽ നടന്ന കാര്യത്തിൽ മുമ്പ് എന്നൊന്നും അവിടെ ഇല്ലല്ലോ പൂർവ്വകൽപ്പങ്ങളും വേദമനാദിയാണ് അതിനെ കൽപ്പാദി സ്മരിക്കുന്നു വേദരൂപത്തിൽ മഹിർഷി ഉപാസിച്ചു മഹാത്തമസ്യ ഗ്രഹണം ആർഷ അനുസ്മരണാർത്ഥം മനുഷ്യസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പേരിവിടെ പറഞ്ഞത് അനുസ്മരണം അപ്പി ഉപാസന അംഗം വിധി ഗമ്യത എല്ലാ ഉപാസനകളിലും പ്രത്യേകിച്ച് വൈദികമായ ഉപാസനകളിൽ നിശിയെസ്മരിക്കണം സാധാരണ മറ്റുപാസനകളിൽ ഗുരുവിനെ സ്മരിക്കുന്നതുപോലെ പരി പൗരാണികമായ താന്ത്രിക മാന്ത്രിക ഉപാസനകളിലെല്ലാം ഗുരുവിനെ സ്മരിക്കുന്നു അതുപോലെ വൈദികമായ ഉപാസനകളിൽ ഋഷിയെസ്മരിക്കണം ഉപാസന അംഗമാണ് ഉപാസനയിൽ അത് മുഖ്യമായൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു വിഷിയെ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഋഷിയെ സ്മരിക്കുക ഋഷി അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പരമാത്മാവിനെ സ്മരിക്കുക വ്യാകൃതർ മഹിതി മഹാനന്തുകൊണ്ട് പറഞ്ഞു മഹാ ചമസ്യൻ എന്ന് പറയുന്ന കൃഷിയാണ് ഇതിനെ ഉപദേശിച്ചത് ദർശിച്ച് ഉപദേശിച്ചത് ഉപാസിച്ചു അതുകൊണ്ടാണ് മഹ എന്നതിന് പേരുകൂടി എന്താണ് മഹത്തദ് ബ്രഹ്മ മഹദ് ഹി ബ്രഹ്മ അതെല്ലാം ബ്രഹ്മം ഇവിടെ ഹിരണ്ഗർദ്ധ രൂപത്തിൽ ഉള്ള ബ്രഹ്മത്തെ പറയുകയാണ് മഹദ് ഹി ബ്രഹ്മ ബ്രഹ്മം മഹത്താണല്ലോ മഹാസമസ്യൻ അത് ദർശിച്ചതുകൊണ്ട് ഈ വ്യാഹൃതിക്ക് മഹ എന്ന പേര് വന്നു മഹ എന്ന പേരുള്ളതുകൊണ്ട് ഇത് ഹിരണ്യഗർദ്ധനാണ് ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നു മഹാവ്യാഹൃതി മഹാവ്യാഹൃതി മഹസ്റ്റ വ്യാകൃതി അത് മഹാവ്യാഹൃതിയാണ് പിമ്പനസ്ഥ എന്താണ് ആത്മാ അത് തന്നെ ആത്മാവ് അത് തന്നെ ബ്രഹ്മം അപ്നോദേഹി വ്യാപ്തി കർമ്മണം ആത്മാ ആത്മോദ വ്യാപിച്ചിരിക്കുന്നുണ്ട് സർവവ്യാപിയായിരിക്കുന്നത് വ്യാപ്തി കർമ്മണ വ്യാപ്തിക്രിയ വ്യാപിക്കുക എന്നുള്ള അതിന്റെ സ്വഭാവമാണ് ഇതരാഷ്ട്ര വ്യാഹൃത ഇനി മറ്റ് വ്യാകൃതികൾ ലോക ദേവ വേദ പ്രാണ ഇനി പറയുന്നതാണിതല്ല മഹിത്യനോ വ്യാകൃത്യാത്യചന്ദ്ര ബ്രഹ്മ അന്നഭൂതേന വ്യാപ്യന്റെ അത് ഇനി പറയാൻ പോകുന്നുള്ളത് ആദിത്യൻ ചന്ദ്രൻ ബ്രഹ്മം അന്നം ആ രൂപത്തിൽ ഈ മഹ എന്ന വ്യാകൃതിയാൽ വ്യാപിച്ചിരിക്കുന്നത് വിശദീകരിക്കും ഇനി യഥാദോ അങ്കാന്യ അവയവ അന്യദേവതാഹ മറ്റ് വ്യാകൃതി മറ്റ് ദേവതകൾ ഈ മഹ എന്ന് പറയുന്ന വ്യാകൃതിയുടെ അംഗങ്ങളാണ് അംഗ അംഗീഭാവങ്ങളെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെ അങ്കിയായും മറ്റുള്ളതിനെ മഹ അങ്കിയായും മറ്റുള്ളതെല്ലാം അതിന്റെ അംഗങ്ങളായും സ്വീകരിച്ചിരിക്കുന്നു ദേവതാഗ്രഹണ ഉപലക്ഷണാർത്ഥം ലോകാധീന ദേവത എന്ന് കൂടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മറ്റു ലോകങ്ങളെയും ഗ്രഹിക്കുന്നു അങ്കാനി അന്യദേവതാഹ മന്ത്രത്തിൽ പറഞ്ഞു അതുപോലെ അന്യദേവതകൾ അന്യ ലോകങ്ങൾ അല്ല ഇതിൻ്റെ അംഗങ്ങളാണ് ഞാൻ അത് ഓരോന്നായിട്ട് വിശദീകരിക്കുന്നു മഹൈത്യേദസ്യ വ്യാഹൃത്യാത്മനോ ദേവ ലോകാദേ സർവേ അവയവഭൂതാഹ മഹാന്നു പറയുന്ന വ്യാകൃതി വ്യാകൃതി രൂപത്തിലുള്ള ബ്രഹ്മത്തിന്റെ അവയവമാണ് ദേവലോകാദേഹ സർവ്വേ സർവവും ഇതിന്റെ അവയവങ്ങളാണ് दिवायम सुवरित्य असो यहां भूरीदरीक्षर आत्मनि अंगा महीय महनमृदिपचय महीय അതിൻ്റെ അങ്കിയെ കൊണ്ട് അംഗങ്ങൾ വൃദ്ധയെ പ്രാപിക്കുന്നു അങ്കിയെ ആശ്രയിച്ച് അംഗങ്ങൾ നിലനിൽക്കുന്നു അങ്ങനെ ശരീരം അങ്കി കൈകാലുകൾ അതിൻ്റെ അംഗങ്ങൾ ഈ ശരീരത്തെ ആശ്രയിച്ച് അതെല്ലാം നിലനിൽക്കുന്നു വൃദ്ധയെ പ്രാപിക്കുന്നു അതുകൊണ്ട് മഹ എന്ന് പറയുന്ന ഈ വ്യാകൃതി അങ്കിയും മറ്റുള്ളതല്ല അതിന്റെ അംഗങ്ങളുമാണ് അയം ലോകോ അഗ്നി പ്രാണൻ പ്രഥമ വ്യാകൃതി ഭൂ ഇതാണ് ഏവം ഉത്തരോത്തര ഏകീക ചതുർഥ ഭവന്തി അതിനെ ഓരോന്നുകൂടെ വിശദീകരിക്കും ഭൂ എന്ന് പറയുന്നത് ഇത്രയും വ്യാകൃതികളാണ് ഈ വ്യാകൃതി ഈ ലോകമാണ് അഗ്നിയാണ് ഐർഗേദമാണ് പ്രാണനാണ് എന്നതിനെ വിശദീകരിക്കുന്നു അങ്ങനെ ഓരോന്നിനെയും നാല് നാല് തരത്തിലൂടെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നു അതിനുള്ള മന്ത്രത്തിൽ പറഞ്ഞു മഹ ഇതി തദ് അങ്കാന്യന്യാദേവത അതിൽ ആദ്യത്തേനെടുക്കുന്നു ഭൂ രീതി വായം ലോക ഭൂ എന്ന് പറയുന്നത് ഈ ലോകത്തെയാണ് പറയുന്നത് എന്തുകൊണ്ട് മഹ എന്ന് പറയുന്നത് ആത്മാ ബ്രഹ്മം ം അങ്കിയാണ് അതിന്റെ അവയവങ്ങളാണ് ഇതെല്ലാം ഭൂ എന്ന് പറയുന്ന ഈ ലോകം അത് ആ ഹിരണ്യഗർഭന്റെ അവയവമാണ് ഭുവ ഇത്യന്തരീക്ഷം ഭുവ എന്ന് പറയുന്നതും അന്തരീക്ഷമാണ് അത് ആ ഹിരണ്യഗർഭന്റെ അവയവമാണ് സുവരിത്യസുലോകുന്നു ദ്ലോകം ഭൂർഭുവ ഭൂർഭു അസ്വ എന്ന് പറയുന്നത് മൂന്നും പ്രപഞ്ചത്തെ തന്നെ മൂന്നായി തിരിക്കുന്നു ഈ ലോകം അന്തരീക്ഷ ലോകം ദ്വിലോകം ഈ മൂന്ന് ലോകവും ഹിരണ്യഗർഭന്റെ അംഗങ്ങൾ മഹ എന്നു പറയുന്ന ഹിരണ്യഗർഭം അപ്പൊ അതിന്റെ അംഗങ്ങളായി ഈ ലോകങ്ങൾ ഭുവനെ തന്നെ അങ്ങനെ ഭുവ സ്വ മൂന്ന് വ്യാഹൃതികൾ മൂന്ന് ലോകം ആ മൂന്ന് ലോകം ഹിരണ്യഗർഭന്റെ ഭാഗങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഭൂർഭുവ സ്വഹ എന്ന ഈ മൂന്ന് വ്യാഹൃതിയിലൂടെ ഈ മൂന്ന് ലോകങ്ങളെ സ്മരിക്കുന്നു ഈ മൂന്ന് ലോകങ്ങളെ ഹിരണ്യഗർഭന്റെ അവയവങ്ങളായി സ്മരിക്കുന്നു ആ അവയവങ്ങളിലൂടെ ഹിരണ്യഗർഭനെ സ്മരിക്കുന്നു ധ്യാനിക്കുന്നു അതാണ് ഇവിടുത്തെ ഉപാസനം വ്യാകൃതിയെ ആദ്യം ഉച്ചരിക്കുന്നു വ്യാകൃതിയുടെ അർത്ഥമായി അല്ലെങ്കിൽ വ്യാഹൃതിയിലൂടെ ആ മൂന്ന് ലോകങ്ങളെ ധ്യാനിക്കുന്നു മൂന്ന് ലോകങ്ങളിലൂടെ ആ മൂന്ന് ലോകങ്ങൾ അവയവമായിരിക്കുന്ന ഹിരണ്യഗർഘനെ ധ്യാനിക്കുന്നു എന്തുകൊണ്ട് ഹിരണ്യഗർധൻ ഈ ലോകശരീരനായി സ്ഥിതി ചെയ്യുന്നു ഇതുതന്നെ വേറൊരു തരത്തിൽ വിശ്വരൂപം എന്നും മറ്റും പുരാണങ്ങളിലും മറ്റും പറയുന്നു വിശ്വരൂപദർശനവും മറ്റും ഇതിൻ്റെ ഒരു കുറച്ചുകൂടി മാറ്റം വന്നൊരു രൂപമാണ് ഇവിടെ വ്യാകൃതികളിലൂടെ ധ്യാനിക്കുന്നു ഹിരണ്യകർഭനെ ലോകത്തെ അതിൻ്റെ അവയവങ്ങളാക്കി അവിടെ അങ്ങനെയുള്ള ലൗകികമായ ശബ്ദങ്ങളിലൂടെ അവിടെ ഇത് വൈദികമായ ഉപാസനം മറ്റേത് ലൗകികമായ ഉപാസനം ഭൂരിതി വായും ലോക ഭൂ എന്നുള്ളത് കൊണ്ട് ഈ ലോകമാണ് ഭുവരീക്ഷം സുവര്ത്യാസവും ലോക എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ആ മഹസ്സിന്റെ അവയവങ്ങളാണ് മഹസ്സെന്ന് പറയുന്നത് തദ്ബ്രഹ്മസാത്മാബ്രഹ്മാണ് ആത്മാവാണ് അധ്യയനത്തിൽ ഈ പറയുന്ന അർത്ഥത്തെ കൂടി അനുസന്ധാനം ചെയ്യുക അത് ഉപാസന ഇനി വീണ്ടും പറയുന്നു മഹൈത്യ ആദിത്യ അതാണല്ലോ മുഖ്യം അത് ആദിത്യനായി ആദിത്യേന ഭാവ സർവേ ലോകാമഹീയന്റെ ആദിത്യനിലൂടെയാണല്ലോ സർവ ലോകങ്ങളും വൃദ്ധിയെ പ്രാപിക്കുന്നത് ആദിത്യൻ സർവത്തെയും നിലനിർത്തുന്നു ആദിത്യൻ എന്നു പറയുമ്പോൾ ആദിത്യൻ പ്രാണരൂപത്തിൽ ഇരണ്യർപ്പ് രൂപത്തിൽ സർവത്തെയും നിലനിർത്തുന്നു മഹ എന്നു പറയുന്നതാണ് മുഖ്യം മുടി ലോകത്തിൽ മുഖ്യമായിട്ട് ആദിത്യത്തിനെടുത്തു ആദിത്യനാകുന്ന കേവലം ലോകങ്ങളെന്നുള്ള അർത്ഥം എടുക്കണ്ട അതിൻ്റെ പിന്നിലുള്ള ചൈതന്യ വിശേഷം ദേവതകളായിട്ടെടുക്കണം ദേവതകളായിട്ടെടുത്തു കഴിഞ്ഞാൽ ഭൂ ഈ ലോകം ഭുവഹ സുഹ മഹ ഇതെല്ലാം ചൈതന്യമാണ് പ്രത്യേകിച്ച് വസ്തുക്കളല്ല പദാർത്ഥങ്ങളല്ല അതിന് മുഖ്യമായിരിക്കുന്ന ചൈതന്യമാണ് മഹേരണ്യഗർഭം അതിലൂടെ മറ്റു ദേവതകൾ നിലനിൽക്കുന്നു അതിനെ ആശ്രയിച്ച് അതിനെ ഉപജീവിച്ച് മറ്റ് ദേവതകൾ നിലനിൽക്കുന്നു മറ്റ് ദേവതകളെ നിലനിർത്തുന്നത് ഹിരണ്ഗർഭനാണ് മുഖ്യമായി ആ ഉപാസന എത്തിച്ചേരുന്നത് ഹിരണ്യ ഗർഭനാണ് അതുകൊണ്ട് വരുന്ന ആ സർവാത്മഭാവവും മറ്റും ഇതിന്റെ ഫലമായി പറയുന്നു അടുത്ത് പറയുന്നു ഭൂരി ഭൂ എന്നതുകൊണ്ട് അഗ്നി ഉപാസിക്കുന്നു അഗ്നിദേവത ഭുവ ഇതി വായുഹു ഭുവ എന്നുള്ളത് കൊണ്ട് വായുദേവത സുവരിതി ആദിത്യഹ സുവ എന്നുള്ളത് കൊണ്ട് ആദിത്യദേവത മഹ ഇതി ചന്ദ്ര മഹ മഹ ചന്ദ്രൻ ചന്ദ്രമസാവ സർവാണി ജ്യോതിഷിം മഹീ എന്റെ ചന്ദ്രമസ് സൂര്യനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചന്ദ്രൻ ഉപാസനയിൽ എന്തുകൊണ്ടാണ് അത് കൂടുതൽ പ്രത്യക്ഷമായിരിക്കുന്നത് മറ്റ് ജ്യോതിഷകളെല്ലാം ഇത്രയും പ്രത്യക്ഷമല്ല പ്രകടമല്ല സൂര്യൻ കൂടുതൽ പ്രകടമായിരിക്കും പിന്നീട് പ്രകടം കൂടുതൽ പ്രകടമായി വരുന്നത് ചന്ദ്രനാണ് അതിന്റെ ആ പ്രാകട്ടത്തെ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് ചന്ദ്രം സാബ സർവാണി ജ്യോതിംഷി മഹീന്റെ എല്ലാ ജ്യോതിഷുകളും പ്രകാശങ്ങളും വൃദ്ധി പ്രാപിക്കുന്നത് അതിന്റെ പ്രകാശത്തിലൂടെയാണല്ലോ എന്ന് പറയുന്നു അതായത് ഒരു വലിയ പ്രകാശം ഉണ്ടെങ്കിൽ ആ വലിയ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മറ്റ് പ്രകാശങ്ങളെല്ലാം പ്രകാശിക്കുന്നു അങ്ങനെ നമ്മൾ സാധാരണ കാണുന്നു സൂര്യന്റെ പ്രകാശത്തിൽ മറ്റെന്തെല്ലാം പ്രകാശം ഉണ്ടായാലും അതിന്റെ പ്രകാശത്തിൽ പ്രകാശിക്കുന്നു അതുപോലെ ചന്ദ്രന്റെ പ്രകാശമുള്ള പ്രകാശത്തിൽ ബാക്കിയുള്ള സർവ്വപ്രകാശങ്ങളും പ്രകാശിക്കുന്നു ബാഹ്യമായി ഭൗതികമായി പ്രകാശത്തിന്റെ ദൃഷ്ടിയിൽ അതിന് രണ്ടിനും പ്രാധാന്യമുണ്ട് അതാണ് സർവാണി ജ്യോതിയും എല്ലാ ജ്യോതിഷങ്ങളും അതുപോലെ പ്രാധാന്യമുള്ളതാണ് ഈ ദേവതകൾക്കും അഗ്നി വായു ആദിത്യൻ തുടങ്ങിയ ദേവതകൾ അതിൽ മഹാരൂപത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ ഹരണ്യഗർഭൻ ആദിത്യരൂപത്തിൽ ആദിത്യമാകുന്ന ഉപാധിയോടു കൂടി പ്രകാശിക്കുമ്പോൾ ബാക്കി ലോകങ്ങളെല്ലാം അതിനധീനമായിരിക്കുന്നു മറ്റ് ദേവതകളെല്ലാം അതിനധീനമായിരിക്കുന്നു അതേ ഹരണ്യകർഭം തന്നെ ചന്ദ്രമസ് ചന്ദ്രൻ എന്ന് പറയുന്ന ഉപാധിയോടുകൂടിയിരിക്കുമ്പോൾ ചന്ദ്ര തേജസ്സായി അത് പ്രകാശിക്കുമ്പോൾ മറ്റിട്ടുള്ള തേജസ്സുകളെല്ലാം അതിനധീനമായിരിക്കുന്നു അപ്പോൾ അവിടെ പ്രാധാന്യം ഈ തേജസ്സുകൾക്കല്ല കിരണ്യകൃതനാണ് അതുകൊണ്ടാണ് നേരത്തെ എന്ന് പറഞ്ഞു ആദിത്യേന ബാബ സർവീ ലോകമഹീന്റെ ആദിത്യൻ സർവത്തെയും മഹത്വപ്പെടുത്തുന്നതാണ് എന്നിട്ടിവിടെ സുവരുത്തി ആദിത്യ ആദിത്യന് സുഹ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പ്രാധാന്യം വന്നവർക്ക് മഹാചന്ദ്രമാ സൂര്യനോ ചന്ദ്രനോ പ്രാധാന്യമുള്ളതെന്നല്ല ഏതിനെ ഹിരണ്ർഭരൂപത്തിൽ ഉപാസിക്കുന്നുവോ അതിന് പ്രാധാന്യം ഈ മന്ത്രത്തിൽ അതിന് ഹിരണ്ഗർഭരൂപത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അവിടെ സൂര്യന് സ്ഥാനമൊന്നുമില്ല അതാണ് ഭൗതികമായി നമ്മൾ ചിന്തിക്കുന്നത് ഇത് സയൻസൊന്നുമല്ല സൂര്യനിൽ നിന്നാണ് പ്രകാശം ചന്ദ്രനിൽ നമ്മള് സയൻസ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും അല്ലേ പ്രാധാന്യം അല്ലേ പ്രാധാന്യം ചന്ദ്രനങ്ങനെ പ്രാധാന്യം ഇവിടെ ആക്കാര്യല്ല സയൻസൊന്നും കണ്ടുപിടിച്ചിരിക്കുന്നതാണ് വേണ്ടി പറയുന്നു ഇത് പറയണോ ഇത് കേവലം ശ്രദ്ധ ഗ്രാഹ്യമാണ് ഇതിനകത്ത് വേറെ സയൻസോ യുക്തിയോ ഒന്നും പ്രയോഗിച്ചിട്ട് കാര്യമില്ല ഇവിടെ ശ്രുതി എന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ അത് ചെയ്യാം ചെയ്താൽ ആ ശ്രദ്ധയുള്ളവന് അതിൽ പറയുന്ന ഫലം ഉണ്ടാകും അല്ലാതെ പരീക്ഷിച്ച് ചെയ്യാനൊന്നും ഇവിടെയില്ല പിന്നെ അങ്ങേറ്റം പരമാവധി എന്താണോ എന്താണ് ഇതിന്റെ താല്പര്യമെന്ന് ഗ്രഹിക്കുക അത് മാത്രം എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു ഇത് ഗ്രഹിക്കുക അത് ഗ്രഹിക്കുന്നതാണ് ഭാഷ ഗ്രഹിപ്പിക്കുന്നതാണ് ഭാഷ അല്ലെങ്കിൽ ഇത് എന്താണ് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല എന്താ എഴുതിയിക്കുന്നത് എന്താ ഇതിന്റെ പരസ്പര ബന്ധം ഒരിടത്ത് പറഞ്ഞു ആദിത്യനാൽ സർവീലോകാ മഹീയന്റെ അടുത്തു പറയുന്നത് ചന്ദ്രമസ സർവാണി ജ്യോതിംഷി മഹീയന്റെ അവിടെ ആദിത്യൻ അപ്രധാനമായി ആദിത്യൻ അംഗങ്ങളായി അംഗങ്ങളിൽപ്പെട്ടു ചന്ദ്രൻ അങ്കിയായി സർവവും ഹിരണ്യഗർഭന്റെ അംഗങ്ങളാണ് ഹിരണ്യഗർഭനാണ് അവിടെ മുഖ്യം അപ്പൊ ഏതിനെയും ഹിരണ്യഗർഭനായി ധ്യാനിക്കാം അത് കൂടുതൽ പ്രകടമായി അങ്ങനെ ധ്യാനിക്കുന്നു സൂര്യനെ പോലെയും ചന്ദ്രനെപ്പോലെയും പ്രകടമായ മറ്റൊരു ജ്യോതിസ് അത് ജീവന് പരിചയമില്ല അതിലൂടെ പ്രകാശിക്കുന്നത് അത് തന്നെയാണ് അവിടെ ചന്ദ്രൻ എന്നുള്ളതുകൊണ്ട് ഒന്ന് ഭൗതികമായ പ്രകാശം മറ്റൊന്ന് ചന്ദ്രമണ്ഡലം ഉപാധിയായിരിക്കുന്ന ദേവത ആ ദേവത ഇവിടെ ഹിരണ്യഗർഭനായി തന്നെ സ്വീകരിക്കുന്നു ആ ഹിരണ്യഗർഭന്റെ അംഗങ്ങളായിരിക്കുന്നു മറ്റ് ഉപാധികളോടുകൂടിയ ദേവതകളെല്ലാം അങ്ങനെ ഉപാസിക്കും ഉപാസനയ്ക്ക് എപ്പോഴും ഒരു ആലംബനം വേണം ഒരവലംബനമില്ലാതെ ഉപാസിക്കാൻ സാധ്യമല്ല വിഷ്ണുവിനെ ഉപാസിക്കണമെങ്കിൽ സാളഗ്രാമം വേണം സാളഗ്രാമം എന്താ ഒരു ഒരു കല്ലാണും പക്ഷെ അതിന് വിഷ്ണുവായി ഉപാസിക്കുമ്പോൾ അത് വിഷ്ണു ആകും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഭൗതികമായ വസ്തുക്കളാണ് അതിനെ ഹിരണ്യഗർഭനായി ഉപാസിക്കുമ്പോൾ അത് ഹിരണിഗർഭനായി മാറും ഉപാസകന് അതേ സർവാത്മഭാവം വരുന്നു അതാണ് ഇതിൻ്റെ പ്രയോജനം അടുത്ത് പറയുന്ന ഭൂ ാണ് ഭതി സാമാനി ഭയുന്നത് സാമങ്ങളാണ് സുവ രീതി ചൂംഷി യജസ്സുകളാണ് ഇതെല്ലാം മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നു മഹാ ഇതി ബ്രഹ്മ മഹ എന്നു പറയുന്നത് ബ്രഹ്മമാണ് ഭക്ഷ്യകാലം പറയുന്നത് മഹാ ഇതി ബ്രഹ്മ ബ്രഹ്മേതി ഓങ്കാര വേദത്തെ സംബന്ധിച്ച് പറയുന്ന വേദമന്ത്രങ്ങളെ കുറിച്ച് ഏജുസ് സാമരൂപത്തിലാണ് വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളാണ് അതിൽ മുഖ്യമായിരിക്കുന്ന എന്താണ് ബ്രഹ്മേക്ക് ഓങ്കാരം ഇവിടെ വിരണ്യഗർഭനെ ഓങ്കാരൂപത്തിൽ ഉപാസിക്കുന്നു ബ്രഹ്മണാവ സർവേ വേദാ മഹീയന്ത് എന്തുകൊണ്ട് സർവവേദത്തെയും മഹത്വപ്പെടുത്തുന്നത് വൃദ്ധിപ്പെടുത്തുന്നത് എന്താണ് ഈ ബ്രഹ്മമാണ് ഓങ്കാരമാണ് ഓങ്കാരമാണല്ലോ വേദത്തിൽ മുഖ്യമായിരിക്കുന്നത് അപ്പോൾ ഓങ്കാരത്തെ ഭരണിഗർഭനായി സ്വീകരിച്ചാൽ മറ്റു വേദങ്ങളെല്ലാം അതിന്റെ അംഗങ്ങളായി അവിടെ വേദങ്ങൾ ശബ്ദാത്മകമായ വേദത്തെ എടുക്കാം അല്ലെങ്കിൽ ഹൃഗാദി വേദ ഉപാധിയോടു കൂടിയ ദേവതകളെടുക്കാം ദേവത എന്ന് പറഞ്ഞാൽ കൈയും കാലും കാലും രൂപങ്ങളല്ല ചൈതന്യം വേദം എന്നുവെച്ചാൽ ചൈതന്യം എന്നുള്ളത് ആ ഉപാധിയോടു കൂടിയിരിക്കുന്ന ചൈതന്യം ആ ആത്യന്തികമായൊക്കെ ഉപാസന ചെന്ന് ചേരുന്നത് ആ ചൈതന്യത്തിലാണ് എന്തുകൊണ്ടിതിനെ ഓരോന്നിനെങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു കാരണം ജീവന്റെ ശ്രദ്ധയ്ക്ക് വിഷയമായിരിക്കുന്നത് ഭൗതികമായ ഇത്തരം കാര്യങ്ങളാണ് വൈദികനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്രദ്ധയ്ക്ക് വിഷയമായിരിക്കുന്ന മന്ത്രങ്ങളാണ് ദേവതയെ ആരാധിക്കുന്നവനെ സംബന്ധിച്ച് അവന്റെ ശ്രദ്ധയ്ക്ക് വിഷയമായിരിക്കുന്ന വായും അഗ്നിയും ആദിത്യനും ചന്ദ്രനും മറ്റുമാണ് അപ്പോൾ ഗുരുവിന്റെ ശ്രദ്ധയ്ക്ക് എന്തൊക്കെയാണോ വിഷയമായിരിക്കുന്നത് അതിന് കിരണ്യർഭനായി ഉപാസിക്കുക അതിലൂടെ ബ്രഹ്മചൈതന്യത്തെ ഉപാസിക്കുക കാരണം അതല്ലാതെ അവന്റെ ആ ശ്രദ്ധയെ പരിചരിപ്പിക്കുന്നതിന് വേറെ വഴിയില്ല ശ്രദ്ധ ഇതെല്ലാം ലൗകീയമാണ് ലോകവിരുദ്ധമായ കാര്യങ്ങളാണ് ജീവന്റെ ശ്രദ്ധ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലാണ് ഇരിക്കുന്നത് ഇതിനെ ചൈതന്യമായി മാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഉപാസിക്കാൻ പറയുന്നത് ഇല്ലെങ്കിൽ എന്തിനു ഇതിനെയെല്ലാം എടുത്ത് കാണിക്കണം ഇതിലാ അവന്റെ ശ്രദ്ധയുള്ള അവന്റെ സഹജമായ നൈസർഗികമായ ശ്രദ്ധ ഇതിലുള്ളതുകൊണ്ട് അതിനുവേണ്ടി പറയുന്നു ശ്രദ്ധയുള്ളവ ഉപാസിക്കുന്നു നൈസർഗികമായി ശ്രദ്ധ കൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം വ്യാകൃതികളിൽ ശ്രദ്ധ വരും വൈദിക വ്യാഹൃതികൾ ആ വ്യാഹൃതികളിൽ വരുന്ന ശ്രദ്ധ എന്താണോ ഈ വ്യാഹൃതികൾ ഇവിടെ ഉച്ചരിച്ചിരിക്കുന്നത് ഇത് ഉപാസനക്ക് വേണ്ടിയാണ് ശ്രദ്ധ ഈ വ്യാഹൃതികൾ ഓരോന്നും ആ ചൈതന്യത്തിന്റെ വേണ്ടിയുള്ളതാണ് എന്നുള്ള ശ്രദ്ധയുണ്ട് അങ്ങനെ വ്യാകൃതികളെ ശബ്ദരൂപത്തിലുള്ള വ്യാകൃതികളെ ഉച്ചരിച്ചിട്ട് അതിന്റെ അർത്ഥരൂപത്തിൽ ഈ ചൈതന്യത്തെ അനുസന്ധാനം ചെയ്യുന്നു അതിനുള്ള ഒരു ക്രമം കൂടെ നിർദ്ദേശിച്ചിരിക്കുന്നു അതിൽ ശ്രദ്ധ വേണമെന്നാണ് അപ്പോൾ ആ ലൗകികമായ ശ്രദ്ധയെ പാരമാർത്ഥികമായ ശ്രദ്ധയായി മാറ്റുന്നു അതാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറു ഒരു അത് വിശേഷിച്ചതിൽ ശ്രദ്ധയുടെ കാര്യമില്ല പക്ഷെ അതിന് വിഷ്ണുവായി നിർദ്ദേശിക്കുമ്പോൾ അതിൽ ശ്രദ്ധ വരുന്നു ഒരു കല്ലെന്നുള്ള ശ്രദ്ധയല്ല അതുപോലെ തന്നെ ഒരു ശ്രദ്ധ പക്ഷെ അത് ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അതിൽ ശ്രദ്ധ അത് ചൈതന്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതൊന്നും കൂടാതെ ആയിക്കൂടെ ഒരു കണ്ണിന്റെ കഷണത്തെ ആശ്രയിക്കാതെ വിഷ്ണുവിനെ ധ്യാനിച്ചുകൂടെ അതിന് കഴിയാത്തവർക്കാണ് അത് നിർദ്ദേശിച്ചിരിക്കുന്നത് സാളഗ്രാമത്തെ അതിലൂടെ അപ്പൊ അതിന് ശ്രദ്ധയുള്ളതിനു സാധ്യമാകും അതാണ് ശ്രദ്ധ അതിനെ വിഷ്ണുവാണെന്ന് സങ്കല്പിക്കാൻ തയ്യാറാകുന്ന ആ മനസ്സാണ് ശ്രദ്ധ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സ് അതാണ് ശ്രദ്ധ ആ മനസ്സാണ് ഇതിന് ഫലത്തെ കൊടുക്കുന്നത് അതുപോലെ ഇവിടെ അതുകൊണ്ട് ഇതിന്റെ സാങ്കത്യം എന്താണ് ഇത്തരം ഉപാസനയുടെ കുറച്ച് ശബ്ദങ്ങൾ പറയുന്നു അതിന് വിചിത്രമായ അർത്ഥങ്ങൾ പറയുന്നു ഇതങ്ങനെ ഉപാസനയാവും ഇതെല്ലാം ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു ശ്രദ്ധയുള്ളവന് മാത്രമേ ഇത് ഉപാസനയ്ക്കാണെന്ന് ഗ്രഹിക്കാൻ പറ്റൂ കേവലം വൈദികന്മാർ അർത്ഥവാദപരമായി ചൊല്ലിയ മന്ത്രങ്ങൾ പോലും അതുപോലും ഉപാസനയ്ക്കാണ് അതിനും ഉപാസന എന്ന് പറയുന്ന ഫലമുണ്ട് എന്ന് പറയുന്നത് ശ്രദ്ധയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശ്രദ്ധയെങ്ങനെയോ അങ്ങനെ അത് ഉപയോഗിക്കുക വൈദികൻ എന്തു ചെയ്യുന്നു അവന്റെ ശ്രദ്ധ കർമ്മത്തിലാണ് അതുകൊണ്ടവൻ കർമ്മത്തിന്റെ അംഗമായി ഇതിനേക്ക് കർമ്മം ചെയ്യുമ്പോൾ ഇത് ചൊല്ലുക ആ ശ്രദ്ധ കൊണ്ട് അവന് കർമ്മത്തിൽ നിന്നും ഫലമുണ്ടാകും അവിടെ ഉപാസനയുടെ ആവശ്യം കർമാ ഉപാസനകളുണ്ട് അങ്ങനെ അല്ലാത്ത മന്ത്രങ്ങളുമുണ്ട് അത് ചൊല്ലിയാൽ മതി ആ ശ്രദ്ധയാണ് ആ ശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യുന്നു കർമ്മത്തിൽ നിന്നുള്ള ഫലത്തെ കൊടുക്കുന്നു ഉപാസകൻ അങ്ങനെയല്ല ഉപാസകന് ഇത് ചൈതന്യ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അയാളുടെ ശ്രദ്ധ അതിനാണ് കർമ്മഫലത്തിനുണ്ട് അപ്പോൾ ആ ശ്രദ്ധയോടുകൂടി ഇത് ഉപാസിക്കുമ്പോൾ ആ ഫലം ഉണ്ടാകുന്നു സർവാത്മഭാവം പോലെയുള്ള കിരൺ നിഗർഭോപാസനയുടെ ഫലം അത് ഉണ്ടാകുന്നു അതാണതിന്റെ ബന്ധം ഉപാസനയും ഈ മന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതെല്ലാം ഒരു വിചിത്രമായ സംഗതികൾ പോലെ തോന്നും അതുകൊണ്ടിവിടെ ഓം അതിനെ പറയണം മഹൈതി ബ്രഹ്മ ബ്രഹ്മണാവ സർവേ വേദ മഹീയന്തേ ശബ്ദാധികാരി സംഭവ ഇവിടെ ബ്രഹ്മ ഓം എന്നെടുക്കണം കാരണം ഇവിടെ ശബ്ദത്തെ കുറിച്ച് പറയുന്ന സന്ദർഭമാണ് എന്ന് പറഞ്ഞത് ഓമാണു പിന്നെ ഇവിടെ മഹാവ്യാഹൃതികളെ കുറിച്ച് പറയുന്നു ഇവിടെ ശബ്ദത്തെ ആശ്രയിച്ചുള്ള നടക്കുന്നത് ശബ്ദത്തെ ആശ്രയിച്ചുള്ള ഉപാസനയാണ് ഭൂരിവൈപ്രാണഹ ഭൂപ്രാണനാണ് ഭുവാന സമഷ്ടിയിൽ പ്രത്യക്ഷമായ ഭൗതികമായ വസ്തുക്കളെ ഗ്രഹിച്ചുകൊണ്ടുള്ള ഉപാസം അതിനെ ചൈതന്യമായി ഗ്രഹിച്ചുകൊണ്ടുള്ള ഉപാസം ഇനി തന്നിലേക്ക് വരും ഭൂരിതി വൈപ്രാണഹ ഭുവയിത്യപാന സുവരിതി വ്യാന മഹ ഇത്യന്നം അന്നേന അന്നത്തെ ആശ്രയിച്ചിട്ടാണ് സർവപ്രാണനം നിലനിൽക്കുന്നത് ഇത് പരസ്പരം ബന്ധമുണ്ടല്ലോ പ്രാണൻ അപാനൻ വ്യാനൻ അതെല്ലാം പ്രാണൻ ഒരേ പ്രാണന്റെ ഭിന്ന ഭാവങ്ങൾ അതിൽ മുഖ്യമായിരിക്കുന്നു എന്താണ് മഹാ അതിൻ്റെ അവയവമാണിതെല്ലാം അതിലൊന്നാണ് പ്രാണൻ പ്രാണപരിണാമങ്ങളെല്ലാം അന്നപരിണാമത്തെ ആശ്രയിച്ച് സംഭവിക്കുന്നു അന്നത്തിനൊരു പ്രാധാന്യമുണ്ട് അന്ന സർവീ പ്രാണ മഹീയന്റെ വൃദ്ധിയെ പ്രാപിക്കുന്നു നിലനിൽക്കുന്നു അവിടെ മുഖ്യമായിരിക്കുന്നതിനെ മഹാ ഹിരണ്യഗർഭൻ ഇവിടെ എന്താണ് പ്രാണൻ അപാനൻ വ്യാനൻ എന്ന് പറയുന്നത് ചലനാത്മകമായ പ്രാണൻ അങ്ങനെ ആണ് പ്രഥമമായി പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നത് അതിലുപരി എന്താണ് ദേവതകളാണ് മഹാ എന്ന് പറയുന്ന ഹിരണ്യഗർഭ ചൈതന്യത്തിൻ്റെ അംഗമായിരിക്കുന്നു മറ്റ് ചൈതന്യങ്ങൾ പ്രാണ അപാന വ്യാന ഉപാധികളോടുകൂടിയിരിക്കുന്ന ചൈതന്യം ഓ മഹസ് ഹിരണ്ഗർഭനാണ് അങ്ങനെ ഉപാസിക്കുക അതാണല്ലോ ജീവനും സ്വശരീരത്തിൽ ഏറ്റവും പ്രകടമായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രകടമായിരിക്കുന്നു അവൻ അന്നം അന്നത്തെ പോലെ പ്രകടമായിരിക്കുന്ന പ്രത്യക്ഷമായ ഒന്നും മറ്റൊന്നില്ല ജീവൻ ഈ വൃഷ്ടജജീവൻ അവിടെയെല്ലാം എന്താണ് തത് അധിഷ്ഠിതമായ ചൈതന്യത്തെ ധ്യാനിക്കുക ഇതിലൂടെ ഇതിന്റെ ഏകത്വത്തെ ധ്യാനിക്കുക അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് താവാ ചതശ്രഹ നാല് പ്രകാരത്തിൽ ഓരോന്ന് തന്നെ നാല് പ്രകാരത്തിൽ പറഞ്ഞു ഭൂരി പ്രണ ഭുവാനും നാല് തരത്തിൽ പറഞ്ഞിരിക്കുന്നു അണു താവൂർ ചതസ്രഹ നാലെണ്ണം അത് മുമ്പ് പറഞ്ഞതും നാല് വീതമാണ് ഈ കേ ചതുർഥ ചതുഷ്പ്രകാര പ്രകാരം ഇത് നാല് തരത്തിലുണ്ട് ധാശബ്ദപ്രകാര വചന ചതുദത്തി പ്രകാരത്തെ കാണിക്കേണ്ട നാല് പ്രകാരത്തിനുണ്ട് എന്നാണ് ചതശ്രത സത്യ ചതുർ ഭവന്തി എന്ന നാല് രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ തസാ യഥാക്ലിപ്താനം പുനരുപദേശ തഥൈവസനീയമാണ് ഇവിടെ വീണ്ടും പറഞ്ഞു താവ ഏതാ ചതസ്രഹ ചതുർ ചതശ്ര ചതശ്രോ വ്യാഹൃദയ നാല് വ്യാഹൃതികളെ പറഞ്ഞു ഈ നാല് വ്യാഹൃതികളെ ഉപാസിക്കുന്നതിനൊരു നിയമത്തെ ശ്രുതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഒരു നിയമം വേണമല്ലോ എല്ലാ പാറകളെയും നമുക്ക് വിഷ്ണുവായി ഉപാസിക്കാൻ പറ്റത്തില്ല അതിനും മനസ്സനുവദിക്കത്തില്ല കാരണം പലതും പല രൂപത്തിലാണ് ഒരു നിയമം പറഞ്ഞു എന്താണ് താളഗ്രാമത്ത് ഉപാസിക്കുക വിഷ്ണുവായിട്ട് അതുപോലെ ഇവിടെ വ്യാഹൃതികളെ വ്യാഹൃതികളെ ഉപാസിക്കുക വ്യാഹൃതികളിലൂടെ ഉപാസിക്കുക എന്നൊരു നിയമത്തിന് വേണ്ടിയിട്ടാണ് ഇതിനിടെ പുനരുപദേശ സദൈവ ഉപാസന അതങ്ങനെ തന്നെ ഉപാസിക്കണം ഈ ഹരണികർക്ക് ഉപാസന വൈദികമായ ഉപാസന എങ്ങനെയാണോ വേദത്തിൽ നിർദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെ എന്നുവെച്ചാൽ ഈ മന്ത്രത്തിലൂടെ ഈ മന്ത്രാർത്ഥ ധാരണയിലൂടെ ആയിരിക്കണം ഉപാസന അതൊരു നിയമം ചെയ്യണം വൈദികമായ എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട് അത് അക്ഷരം പ്രതി പാലിക്കുന്നു അതിന് പെശവെന്നും വരുത്താൻ പാടുന്നു അവിടെ മാത്രാഹീനം ക്രിയാഹീനം ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാനൊക്കത്തില്ല അത് ഈശ്വരൻ നിർദ്ദിഷ്ടമാണ് എന്നാണ് വിശ്വാസം ആ ശ്രദ്ധയുള്ളവൻ അത് ചെയ്താൽ പറയുന്നു യോ വേദ സിജാനാതി അതുകൊണ്ട് തന്നെ വേദത്തിന് നിയമവിധി എന്നും പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധമുണ്ട് സ യഥോക്ത വ്യാകൃതി യോ വേദ ഈ പറഞ്ഞ വ്യാകൃതികളെ ആരാണോ ഉപാസിക്കുന്നത് വേദ എന്ന് വെച്ചാൽ ഉപാസിച്ചു എങ്ങനെ ഈ പറഞ്ഞ രീതി സവേദിജാനാതി അവനാണ് ശരിയായി ഉപാസിക്കുന്നത് എന്തിനുപാസിക്കുന്നു അവന് കിരണ്യഗർഭനാണ് ഉപാസിക്കുന്നത് ബ്രഹ്മസാത്മീയജ്ഞാതെ ബ്രഹ്മണിന വക്തവ്യം അവിജ്ഞാതവ സവേത ബ്രഹ്മേരി പറയുന്നു സാത്മ തദ്ധി ഞാതേ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മ സത്മാ ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതന്നെ അങ്ങേറ്റം അറിയാനല്ലോ നമ്മൾ ചിന്തിക്കുന്നതാണ് തത് ബ്രഹ്മസ ആത്മാ ഇത് നമുക്ക് നേരത്തെ അറിയാം ഇതറിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്തിനാണ് ഉപാസനയിലേക്ക് വരുന്നത് അതിന്റെ ആവശ്യം എന്താണ് ഇത് മനസ്സിലാക്കിയ കാര്യമാണല്ലോ ബ്രഹ്മണിന്റെ വക്തവ്യം ഇനി എന്താ ഇനി ഇതിനെ കുറിച്ച് വിശേഷിച്ച് പറയേണ്ടത് അത് ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ബ്രഹ്മത്തെ അതിനപ്പുറം ബ്രഹ്മത്തെക്കുറിച്ച് ഇനി എന്തറിയാം അവിജ്ഞാതവ സവേദ ബ്രഹ്മേരി പിന്നെ എന്തുകൊണ്ടിങ്ങനെ വീണ്ടും ഇത് മനസ്സിലാക്കാത്ത ഒരുവിനോട് പറയുന്നത് പോലെ പറയുന്നു സവേദ ബ്രഹ്മ അവനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു പറയുന്നു ഒരിക്കൽ ആ ബ്രഹ്മത്തെ ആത്മാവാണെന്ന് വെളിപ്പെടുത്തി ഇനി വീണ്ടും വ്യാകൃതികളിലൂടെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയുന്നു എന്തായത് പറയുന്നു അങ്ങനെ പറയുന്നുണ്ട് ദോഷമില്ല തദ്ശേഷ വിവിക്ഷുത്വ അദോഷ ഇവിടെ അതിൻ്റെ വിശേഷമായി പല കാര്യങ്ങളും പറയാൻ ശ്രുതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ശ്രോതാവ് പലതും ഗ്രഹിക്കേണ്ടതുണ്ട് ഇതിനെ സംബന്ധിച്ച് സ ആത്മാബ്രഹ്മ സർവംഖലിതം ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇത്രയും കാര്യങ്ങളുമുണ്ടെന്നും ഇതൊക്കെ കേൾക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല കാരണം കേൾക്കുന്നവൻ എന്ന് വിശേഷിച്ചത് മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല കേൾക്കാത്തവനും കേട്ടവനും തമ്മിലൊരു വ്യത്യാസവും കാണുന്നില്ല രണ്ടു ഒരുപോലെ അപ്പം ഇതിനെ സംബന്ധിച്ച് വിശേഷമായി പല കാര്യങ്ങളും അറിയാനുണ്ട് അതാണ് ഈ ഉപാസന പലതരത്തിൽ ഇതിന്റെ ഭാവങ്ങളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപാസനകൾ ഉപാസനകൾക്ക് അതിന്റേതായ ഫലവും ഉണ്ട് സത്യം വിജ്ഞാനം ചതുർത്ഥം വ്യാഹൃത്തിയാത്മാ ബ്രഹ്മേരി വിശേഷോ ഹൃദയാന്തരോപലഭ്യത്വ മനോമയത്വാദിഷ്ഠ ശരിയാണ് മഹാന്ന് പറയുന്ന വ്യാഹൃതിയാണ് ബ്രഹ്മം അത് തന്നെയാണ് ആത്മാവ് എന്നെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇന്നത്തെ വിശേഷവും അതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊന്നും നമ്മൾ അറിഞ്ഞു തീർന്നിട്ടില്ല എന്നർത്ഥം ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ അറിവ് ഇവിടെ പൂർണ്ണമായോ ശരി അതാകുന്നില്ലല്ലോ ആകാത്തിടത്തോളം കാലം ഇനി പറയാ പലതും അറിയാനിരിക്കുന്നു എന്നിൻ്റെയൊക്കെ ഹൃദയ അന്തരപലഭ്യത്വം ഇതെന്താണ് ഹൃദയ അന്തർഭാഗത്താണ് ഇതിനെ ഉപാസിക്കേണ്ടത് ഉപലഭ്യമാകാന്ന് വെച്ചാൽ അവിടെയാണ് ഉപാസിക്കേണ്ടത് മനോമയത്വാദി മനോമയം എന്ന് പറഞ്ഞ് ഇനി പറയാൻ പോകും അതല്ലാതിന്റെ നാനാ തരത്തിലുള്ള ഉപാസനകളാണ് നാനാ തരത്തിൽ അതിനെ ധ്യാനിക്കാൻ പറയുകയാണ് അഹം ബ്രഹ്മാസമി എന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ശാന്തി സമൃദ്ധം അതല്ലാതിന്റെ ഉപാസനാരീതികളാണ് ഏറ്റവും അന്തോ വിശേഷണോ വിശേഷി രൂപവും വിജ്ഞായതേ ഇനി വിശേഷണവിശേഷരൂപത്തിലുള്ള ധർമ്മസമൂഹം ഇതല്ല എന്താണ് ശാന്തിസമൃദ്ധം മനോമയം തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളും അറിയേണ്ടതാണ് അതുമൊക്കെ ഉപാസനയുടെ ഭാഗമാണ് തദ്വി ആ ഉപാസനയുടെ നാനാം ഭാഗങ്ങൾ പറയുന്നതിന് വേണ്ടി ശാസ്ത്രം അവിജ്ഞാതമയ ബ്രഹ്മത്വ അപ്പോൾ ശാസ്ത്രം ആദ്യം എന്താണ് ഇത് പറഞ്ഞു വെളിപ്പെടുത്തി പക്ഷെ ഇവനൊന്നും മനസ്സിലായിട്ടില്ല ഇവനൊന്നും ഗ്രഹിച്ചിട്ടില്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് ഇവന് വിശേഷിച്ചൊരു ഫലമുണ്ടായിട്ടില്ല ഇത് മനസ്സിലായിക്കൊണ്ട് സവേദ ബ്രഹ്മ പറയുന്നു നീ ഉപാസിക്കുക എന്താ നിന്റെ പോരായ്മ ഉണ്ടല്ലോ അഹംബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു ഒന്നും സംഭവിക്കാത്തത് ഒരു ചെവി കൂടി കേട്ട് കയറി ചെവി കൂടി അത് കടന്നുപോയി അപ്പോൾ ശ്രുതിക്ക് ഇനിയും പലതും പറയാനുള്ളതിനെക്കുറിച്ച് പരമാർത്ഥത്തെ വെളിപ്പെടുത്തിയിട്ട് ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ഇനി എന്താ പറയാനുള്ളത് പരമാർത്ഥമല്ലാത്ത കാര്യങ്ങൾ ഉപാസനകൾ അത് നിർദ്ദേശിക്കുന്നു സവേദ ബ്രഹ്മ അതു ദോഷ അതുകൊണ്ട് ദോഷമൊന്നുമില്ല ആദ്യം നമ്മൾ വലിയ വലിയ തത്വങ്ങളെയൊക്കെ പറഞ്ഞു ചർച്ച ചെയ്തു അപ്പോൾ അതുകൊണ്ടത് അവസാനിച്ചു എന്ന് വരുന്നുണ്ട വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറയും ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടിനി ഞങ്ങൾ ഉപാസിക്കണം എന്ന് ചോദിക്കരുതെന്നാണ് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തെ തന്നെയാണ് ആദ്യം ഉപദേശിച്ചത് പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഇല്ലെങ്കിൽ പിന്നെ ഉപാസനകളിലേക്ക് പോകും ശ്രുതി അതിന് ചെയ്യുന്നു ആദ്യം പരവമായ തത്വത്തെ പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഉപാസനകളെ നിർദ്ദേശിക്കുന്നു ആ ഉപാസനകളിലൂടെ പോവുക യോഗിപക്ഷ്യമാണേന ധർമ്മപൂകേന വിശിഷ്ടം ബ്രഹ്മവേദ സബ്രഹ്മേദ ഇത്യഭിപ്രായം ആരാണോ ഇനി പറയാൻ പോകുന്ന ധർമ്മപൂകങ്ങളിലൂടെ ധർമ്മസമൂഹം എന്ന് പറയുന്നത് എന്താണ് മനോമയം ശാന്തിസമൃദ്ധം എന്നെല്ലാം നിർദ്ദേശിക്കുന്ന ഉപാസന വിഷയമായി ആ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നവൻ അതിനെ ഉപാസിക്കുന്നവൻ അവൻ സവേദ പരമാർത്ഥമായി ഗ്രഹിക്കുന്നു അതുകൊണ്ട് വേദത്തിൽ ഇതിനെല്ലാം എപ്പോഴും ഇതിനെല്ലാം സങ്കത്യുണ്ട് പ്രസക്തിയുണ്ട് മാറി മാറി പറയും ഒരിടത്ത് പരമമായ തത്വത്തെ പറയും അതിനുപാസനകളെക്കുറിച്ച് പറയും വീണ്ടും തത്വത്തെ കുറിച്ച് പറയും ഉപാസനയെക്കുറിച്ച് പറയും കാരണം ഇതിന് അധികാരികൾ പലതാണ് ഇത് രണ്ടു പറഞ്ഞിരിക്കും ഉപാസനകളെ വിട്ടിട്ട് കേവലം തത്വജ്ഞാനം കൊണ്ട് മാത്രം ഒരാൾക്ക് സാധ്യമില്ല സാധാരണഗതി സാധ്യമില്ല ഉപാസന അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് ശ്രദ്ധിക്കണം ഒരാൾ സ്വയം താൻ ബ്രഹ്മജ്ഞാനിയാണ് എനിക്കിന് ഇതിന്റെ ആവശ്യമില്ല എന്ന് കരുതിയാൽ അത് ഒന്നിനെ സംബന്ധിച്ച് അങ്ങനെ കരുതാൻ സാധ്യമല്ല ഉപാസനയെ സംബന്ധിച്ചോ കർമ്മത്തെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും ഈ ബ്രഹ്മജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും തുച്ഛമെന്ന് തോന്നുന്ന ഒരു സാധനയെപ്പോലും അങ്ങനെ കരുതാൻ നിവർത്തിയില്ല എന്നാണ് പറയുന്നത് ധർമ്മം പോകുകയെന്നാ ഇനി പറയാൻ പോകുന്ന അനേകം കാര്യങ്ങളും തദ്വിശിഷ്ടം അതിലൂടെ ഉപാസ്യമായിരിക്കുന്ന ആ ബ്രഹ്മം അതിന് അങ്ങനെ ഉപാസിക്കുന്നവൻ സമയത അവൻ പരമാർത്ഥത്തെ അറിയുന്നു അതുകൊണ്ട് ഉപാസനകൾ പ്രാധാന്യത്തെ ഇവിടെ കാണിക്കുന്നത് വെറുതെ പറയുന്നതല്ല എന്നത് അതുകൊണ്ടെല്ലാ ഉപാസനകൾക്കും അതിൻ്റേതായ സാധനമുണ്ട് ഒരാളൊരു ചോദ്യം എഴുതിയിരിക്കുന്നത് എല്ലാ സാധനങ്ങളും പാപസംസ്കാരങ്ങളുടെ ക്ഷയിത്വം ഉപകരിക്കുന്നു കർമ്മം കൊണ്ട് മാത്രം ക്ഷയിക്കുന്നതായ പാപ സംസ്കാരം കർമ്മം കൊണ്ട് എല്ലാ സാധനങ്ങളും പാപ സംസ്കാരത്തിന്റെ ക്ഷയത്തിനുപകരിക്കും അത് ശരിയാണ് സാധനങ്ങളെല്ലാം പാപസംസ്കാരത്തിന്റെ ക്ഷയത്തിനുപകരിക്കും അങ്ങനെയാണെങ്കിൽ കർമ്മം കൊണ്ട് പാപസംസ്കാരം ചെയ്യിക്കും അതായത് എല്ലാ സാധനകളും നമ്മൾ ചിന്തിക്കുന്നതിന്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കുക എല്ലാ സാധനകളും പാപസംസ്കാരത്തെ ക്ഷയിക്കും അങ്ങനെയാണെങ്കിൽ കർമ്മം പാപത്തെ ക്ഷയിപ്പിക്കുമെന്നാണ് ചോദ്യം ചിന്തയുടെ പോരായ്മ മേധയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ മന്ത്രത്തെ എത്ര ഉരു ജപിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട് മേധ ശരിയാകണം എന്താണ് എല്ലാ സാധനങ്ങളും പാപസംസ്കാരത്തെ ക്ഷയത്തിനുപകരിക്കുമെന്ന് പറയുന്ന ആ അതിൽ തന്നെ ഉൾപ്പെട്ട് കഴിഞ്ഞെന്താണ് കർമ്മം കൊണ്ട് പാപം ക്ഷയിക്കുന്നു എല്ലാ സാധനങ്ങളും പാപസംസ്കാരങ്ങളെ അക്ഷയത്തിന് ഉപകരിക്കും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മവും ഒരു സാധനയാണ് അതുകൊണ്ട് പാപം ക്ഷയിക്കും പിന്നെ അതിനെ ചോദ്യത്തിന് പ്രസക്തി എല്ലാ സാധനങ്ങളും എന്ന് കർമ്മത്തെ ഒരു സാധനമായി മനസ്സ് കർമ്മം മറ്റെന്തോ സാധനമാണ് കർമ്മം അല്ലാതെ ബാക്കിയുള്ളതാണ് സാധന എന്ന് ധരിപ്പ് അതാണ് ചിന്തിക്കുന്നതിൻ്റെ പോരായ്മയാണ് അത് എല്ലാ സാധനങ്ങളും പാപത്തെ നശിപ്പിക്കുമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ കർമ്മം പാപത്തെ നശിപ്പിക്കുമെന്ന് കാരണം ഒരു സാധനയാണ് മറ്റെല്ലാ സാധനങ്ങളെയും പോലെ കർമ്മവും ഒരു സാധനയാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും പാപത്തെ നശിപ്പിക്കുമെങ്കിൽ സ്വാഭാവിക കർമ്മവും നശിപ്പിക്കും പിന്നൊരു ചോദ്യത്തിനവിടെ യാതൊരു പ്രസക്തിയില്ല പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മൾ സാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും സാധന എന്ന് പറയുന്നത് നമ്മൾ തലവെത്തി നിൽക്കുന്നതിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ബാക്കിയൊന്നും നമ്മൾ സാധനയായിട്ട് സ്വീകരിക്കുന്നു അസ്വാഭാവികമായി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത് കർമ്മസാധനയാണ് അതാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ എന്താണ് ഈ സാധനങ്ങൾ പാപസംസ്കാരത്തെ ക്ഷയിപ്പിക്കുന്നതാണെന്ന് വന്നാൽ അതിലുൾപ്പെട്ട ഒന്നാണ് കർമ്മം അതിനും അതുതന്നെയാണ് പ്രയോജനം അല്ലെങ്കിൽ ഇതിന് പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞു കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തതാണ് അപ്പൊ മനസിലാക്കുക നമ്മൾ ഗീതയെല്ലാം ചർച്ച ചെയ്തിന് ശേഷം മനസ്സിലാക്കുക കർമ്മവും ഒരു സാധന തന്നെയാണ് കർമ്മവും മോക്ഷത്തിനുപകരിക്കുന്നതാണ് കർമ്മവും ചിത്തശുദ്ധിക്കുപകരിക്കുന്നതാണ് അതല്ല ഇനി വീണ്ടും എന്തിനാ ആവർത്തിക്കും കാരണം അതിനെ സാധന എന്നുള്ളതിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താണ് ജപിക്കുന്നതൊരു സാധനയാണ് ഭജിക്കുന്നതൊരു സാധനയാണ് അതൊക്കെയാണ് സാധന കർമ്മസാധന അല്ലാന്ന് ധരിച്ചിരിക്കുന്നു അതല്ല അത് സാധന തന്നെയാണ് ഇവിടെയും അത് തന്നെയാണ് ഇവിടെ ഈ ചർച്ച ചെയ്യുന്നു ഇത് എന്താണ് സംസ്കാരക്ഷയത്തിന് അതാണ് തടസ്സമായിരിക്കുന്നത് അതിന് ഉപാസനകളും ആവശ്യമാണ് അതുകൊണ്ട് തത്വത്തെ പറഞ്ഞതിന് ശേഷവും തത്വം അവന് വെളിപ്പെടാക്കുന്നോണ്ട് ഉപാസനകളെ നിർദ്ദേശിച്ചിരിക്കുന്നു അപ്പം കുറിച്ച് ഇനിയും പലതും പറയാനുണ്ട് അതുകൊണ്ട് തത്വത്തെ ശ്രവിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടായപ്പോഴും അതുത്തമം തന്നെ പക്ഷെ അതുകൊണ്ടിത് പൂർണ്ണമാകുന്നു ഉപാസനയും ആവശ്യമാണ് അതും മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും മറ്റു പറ്റത്തിന് കുന്നിൻ്റെ ഇവിടെ പാപക്ഷയം പാപസംസ്കാരക്ഷയം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ വിധിച്ച ഒരു കാര്യത്തിനും എന്താണോ ഫലമായി ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അതാണ് മുഖ്യമായ ഫലം അതേസമയം അതല്ലാതെ ഉള്ള ഫലങ്ങൾ സംഭവിക്കും നിർദ്ദേശിക്കാത്ത ഫലങ്ങൾ സംഭവിക്കാം നിർദ്ദേശിക്കുന്നത് മുഖ്യത്വം മാത്രമേ നിർദ്ദേശിക്കത്തുള്ളൂ യാഗം ഫലം സ്വർഗം എന്ന് പറയണം യാഗത്തിന്റെ ഫലം സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ സുഖം അപ്പൊ അതായി മുഖ്യഫലം പാപത്തിന്റെ ഫലം നരവുമെന്ന് പറഞ്ഞു നരകുമെന്ന ദുഃഖം അതാണ് മുഖ്യഫലം അത് നിർദ്ദേശിച്ചിരിക്കുന്ന ആദ്യം മുഖ്യഫലം പക്ഷേ അങ്ങനെ അല്ലാതെയുള്ള ഫലങ്ങളും വരും അതാണ് ഈ പാപക്ഷയം ദുരിതക്ഷയം എന്നെല്ലാം പറയുന്നു മനസിന്റെ ഏകാഗ്രത ഉപാസനയുടെ ഫലമാണ് അപ്പം ഏകാഗ്രതയ്ക്ക് വേണ്ടി ഒരുപാസന നിർദ്ദേശിച്ചാൽ അതിന്റെ ഫലം അതാണ് ഹരണ്യഗർഭപ്രാപ്തി സർവാത്മഭാവം അതൊരുപാസനയുടെ ഫലമായി നിർദ്ദേശിച്ചതാണ് മുഖ്യഫലം അവാന്തരഫലമായി പാവക്ഷയമോ അല്ലെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രതയോ അല്ലെങ്കിൽ ദേവത അനുഗ്രഹമോ ഇതെല്ലാം സംഭവിക്കുക ഇതെല്ലാം കൂടി ചേർന്നാലേ അത് ബ്രഹ്മവിദ്യ ആകത്തുള്ളൂ പിന്നെ ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് മനനം ചെയ്യുന്നത് മാത്രമല്ല സപരികര ബ്രഹ്മവിദ്യ എന്നാണ് പറയുന്നത് എല്ലാ അനുബന്ധങ്ങളോടും കൂടി ചേർന്ന ബ്രഹ്മവിദ്യ അതിന്റെ അനുബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഇതെല്ലാം വേറെ ഉപാസനകൾ കർമ്മം മറ്റ് സാധനകൾ അങ്ങനെയാണ് അതിനെ സ്വീകരിച്ചിരിക്കുന്നത് അതിവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ പറയുന്ന ഭാഗവും ഇനി പറയുന്ന ഭാഗങ്ങളും തമ്മിലൊരു ഏകവാക്യതയുണ്ട് എല്ലാം ഒരേ അർത്ഥത്തെയാണ് പരമായ ഒരു അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത് നാനാവാക്യങ്ങൾ അത് ഒരു സ്ഥലത്ത് വേണമെന്നില്ല വേദത്തിൽ പല ഭാഗത്ത് കിടക്കുന്ന നാനാവാക്യങ്ങൾ ഒരേ ലക്ഷ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പറയാം ആ വാക്യങ്ങളിൽ ഏകവാക്യതയുണ്ട് അതോ വക്ഷ്യമാണ് അനുവാഗ്യേന ഏകവാക്യത ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളുമായിട്ട് ഇതിന് ഏകവാക്യത്വമുണ്ട് രണ്ടു കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെയാണ് ഉഭയോർഹി അനുവാഗ്യോൽ ഏകം ഉപാസനം രണ്ട് അനുവാഗങ്ങളിലും ഉപാസനമൊന്നു തന്നെ ഹിരണ്യർപ്പ് ഉപാസന പലതരത്തിൽ പറയുന്നു ലിംഗാസ്ത ഭൂരിഗ്നവും ഇത്യാദികം ലിംഗ ഉപാസനയൊക്കെ ഇനി പറയാൻ പോകുന്നു ഭൂരിത്യാഗ്നു പ്രതിഷ്ഠതി ഇവിടെ പറഞ്ഞ അതേ ശബ്ദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു ഇതെല്ലാം ലിംഗമാണ് അടയാളമാണ് അല്ലെങ്കിൽ ശ്രതി പ്രമാണമാണ് ഏകത്വ ഉപാസന ഏകമാണ് വിധായക ഭാവാസനി പ്രത്യേകിച്ച് ഒരു ഉപാസനയെ വിധിക്കുന്നില്ല ഉപാസവിനി വിധായക അസ്ഥി വ്യാകൃതി അനുവാകെ ഇവിടെ പ്രത്യേകിച്ച് വേദ ഉപാസിത എന്നൊന്നും പറയുന്നില്ല ഇനി തുടർന്ന് തൊട്ട് അടുത്തു വരുന്ന ഭാഗവും ഈ ഉപാസനയുടെ ഭാഗമാണെന്ന് ഗ്രഹിക്കണം നമ്മുടെ ഉപാസനയെ ഭേദിപ്പിക്കുന്ന ഒന്നുമില്ല തായോവേദ എന്നും മറ്റും പറഞ്ഞിരിക്കുന്ന രണ്ടിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷ്യമാണ് അർത്ഥത്വം വിശേഷ വിവിക്ഷത് ഉക്തം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു ഇതിന്റെ വിശേഷത്തെ പറയാൻ ശ്രുതി ആഗ്രഹിക്കുന്നതുകൊണ്ട് തുടർന്ന് പറയുകയാണ് ബ്രഹ്മവിദ്യ കേവലം തത്വകഥനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഉപാസനന്റെ ഭാഗമാണ് അതു ദേവ അസ്മ ഏവം വിദുഷെ അംഗഭൂത ആവഹന്തി ആനയന്തി ബലിം സ്വരാജ്യപ്രാപ്ത സത്യ പറയും സർവേ ദേവ സർവദേവതകളും അസ്മ ഈ ഉപാസകൻ ഏവം വിദുഷേ ഉപാസകന് അംഗഭൂത ഇവിടെ അംഗങ്ങളായിരിക്കുന്ന ദേവതകളെല്ലാം പറഞ്ഞല്ലോ ഭൂർ ഭുവ സ്വഹ എന്നെല്ലാം പറയുമ്പോൾ അതിന് അഗ്നി ആതിഥ്യം തുടങ്ങി നാൻ അർത്ഥങ്ങളെ പറഞ്ഞു അതെല്ലാം ദേവതകളാണെന്ന് പറഞ്ഞു കേവലം പദാർത്ഥങ്ങളായിട്ടല്ല ദേവതകളായി തന്നെയാണ് അതിൽ മഹാ മുഖ്യമായ ഹിരണ്യഗർഭൻ ഉപാസകന് ഹിരഗർഭനെ ഉപാസിക്കുകയാണ് അവൻ എന്തു ചെയ്യുന്നു അംഗഭൂത ആവഹന്തി ആനയന്തി ബന് ഉപഹാരത്തെ അർപ്പിക്കുന്നു ഈ ദേവതകളെല്ലാം ഈ ഉപാസകനും ഉപഹാരങ്ങളുമായി എത്തിച്ചേരുന്നു ഉപഹാരങ്ങളെത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സ്വരാജ്യപ്രാപ്ത സത്യമാണ് സ്വരാജ്യപ്രാപ്തി ഹിരണ്ഗർഭപ്രാപ്തിയാണ് ആ ഹിരണ്യഗർഭപ്രാപ്തിയിൽ ഈ പറയുന്ന എല്ലാ ദേവതകളും അവനധീനമായിരിക്കുന്നു അവന് ഉപഹാരങ്ങളും കാഴ്ചകളുമായി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉപാസകൻ ചക്രവർത്തി മറ്റുള്ളവരെല്ലാം അതിൻ്റെ സാമന്തന്മാർ അതുപോലെ സ്വരാജ്യപ്രാപ്തി നേടുന്നു എന്നർത്ഥം സർവവും ആ ഉപാസകൻ അധീനമായിരിക്കുന്നു സർവചൈതന്യ വിശേഷവും ആ ഉപാസനയിൽ ആ ഉപാസകനെ ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്നു കാരണം ഉപാസകൻ സ്വയം ഹിരണ്ഗർഭനെയാണ് ഉപാസിക്കുന്നത് ഹിരണ്ഗർഭനാണ് ഇവിടെ മുഖ്യമായ ചൈതന്യ വിശേഷം അതിനെ ആശ്രയിച്ചിരിക്കുന്ന ചൈതന്യ അംശങ്ങളാണ് ബാക്കി ഇവിടെ നിർദ്ദേശിക്കുന്ന അഗ്നിയും ആദിത്യനും മറ്റുള്ളവെല്ലാം അപ്പൊ അതെല്ലാം ആ ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്നു ലക്ഷ്യപ്രാപ്തിയിലോ ഇതെല്ലാം തന്നെ അനുകൂലമായി അധീനമായിരിക്കുന്നു അതാണ് ബലി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഭൂർഭു സുരിതി വേദാ തിസ്രോ വ്യഹൃതയ താസം ഉഹസ്മേ ചതു മഹാചമസി പ്രവേദയത്തെ മഹായി തദ്സ भूरी वोक भरीक्षम सुवरतोक मह इन वा सर्वे लोका महीय भूरि व अग्नि भुवु सुवरत्यादि മഹയിതിമാസർ ജ്യോതിംഷിന് ഭൂരി വാഗൃച ഭരി യജൂംഷി മഹായി ബ്രഹ്മ ബ്രഹ്മണ വവസേ വേദ മഹീയന്ദേ ഭരിതി വൈ പ്രണ ഭുപാനരിവ്യന മഹൈന വാവേ പ്രാണമഹീയേ താവാ ഏതാ ചതസ്ര ചതച്ചത്രുവ്യഹൃതയ ेद स वेद ब्रह्मा सर्वे देवा देवाबली आवस